ം മുപ്പത്തി ആറ് ദേശത്തെ ജനം യോഷിയാവിന്റെ മകനായ യഹോവാഹാസിനെ കൂട്ടിക്കൊണ്ടുവന്ന് അവനെ അപ്പനു പകരം രാജാവാക്കി യഹോവാഹാസ് വാഴ്ച തുടങ്ങിയപ്പോൾ അവന് ഇരുപത്തിമൂന്ന് വയസ്സായിരുന്നു അവൻ മൂന്ന് മാസം യരുഷലേമിൽ വാണു മിസ്രൈം രാജാവ് അവനെ യെരുഷലേമിൽ വെച്ച് പിഴുക്കി ദേശത്തിന് നൂറു താലന്തു വെള്ളിയും ഒരു താലന് പൊന്നും പിഴ കൽപ്പിച്ചു മിസ്രൈം രാജാവ് അവന്റെ സഹോദരനായ എല്യാക്കീമിനെ യഹൂദയ്ക്കും യെരിശലേമിനും രാജാവാക്കി അവന്റെ പേർ യഹോയാക്കീം എന്നു മാറ്റി അവന്റെ സഹോദരനായ യഹോ വഹാസിനെ പിടിച്ച് മിസ്രൈമിലേക്ക് കൊണ്ടുപോയി യഹോയാക്കീം വാഴ്ച തുടങ്ങിയപ്പോൾ അവന് ഇരുപത്തഞ്ച് വയസ്സായിരുന്നു അവൻ ഏഴ് സംവത്സരം എരുശിലേമിൽ വാണു അവൻ തന്റെ ദൈവമായ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു അവന്റെ നേരെ ബാബേൽ രാജാവായ നെബുഗദനേസർ അവനെ ചങ്ങലയിട്ട് ബാബേലിലേക്ക് കൊണ്ടുപോയി നെബൂഗദനേസർ യഹോവയുടെ ആലയത്തിലെ ഉപകരണങ്ങളും ബാബേലിൽ കൊണ്ടുപോയി ബാബേലിൽ തന്റെ ദേവന്റെ ക്ഷേത്രത്തിൽ വെച്ചു യഹോയാക്കിമിന്റെ മറ്റുള്ള വൃത്താന്തങ്ങളും അവൻ ചെയ്തതും അവനിൽ കണ്ടതുമായ മ്ലേക്ഷതകളും ഇസ്രയേലിലെയും യഹൂദയിലെയും രാജാക്കന്മാരുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ അവന്റെ മകനായ യഹോയാഖീൻ അവനു പകരം രാജാവായി യഹോയാഖീൻ വാഴ്ച തുടങ്ങിയപ്പോൾ അവന് എട്ടുവയസ്സായിരുന്നു അവൻ മൂന്ന് മാസവും പത്ത് ദിവസവും എരിശിലേമ്മിൽ വാണു അവൻ യഹോവിക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു എന്നാൽ പിറ്റേയാണ്ടിൽ നെപൂഗതനേശ്വർ രാജാവ് ആളയച്ച് അവനെയും യഹോവയുടെ ആലയത്തിലെ മനോഹരമായ ഉപകരണങ്ങളെയും ബാബയിലേക്ക് വരുത്തി അവന്റെ സഹോദരനായ സിദക്കിയാവെ യഹൂദയ്ക്കും യെരിശിലേമിനും രാജാവാക്കി സിതക്കിയാവ് വളിച്ചു തുടങ്ങിയപ്പോൾ അവന് ഇരുപത്തൊന്ന് വയസ്സായിരുന്നു അവൻ പതിനൊന്ന് സംവത്സരം യരിശിലേമിൽ വാണു അവൻ തന്റെ ദൈവമായ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു യഹോവയുടെ വായിൽ നിന്നുള്ള വചനം പ്രസ്താവിച്ച ഇരമ്യാപ്രവാചകന്റെ മുമ്പിൽ തന്നെ താൻ അവനെക്കൊണ്ട് ദൈവനാമത്തിൽ സത്യം ചെയ്യിച്ചിരുന്ന നെബോഗതനേശ്വർ രാജാവിനോട് അവൻ മത്സരിച്ചു ശാഠ്യം കാണിക്കുകയും ഇസ്രയേലിന്റെ ദൈവമായ യഹോവെങ്കിലേക്ക് തിരിയാതെ വണ്ണം തന്റെ ഹൃദയം കഠിനമാക്കുകയും ചെയ്തു പുരോഹിതന്മാരിൽ പ്രധാനികളൊക്കെയും ജനവും ജാതികളുടെ സകല മ്ലേക്ഷതകളെയും പോലെ വളരെ അകൃത്യം ചെയ്തു യരുഷലേമിൽ യഹോവ വിശുദ്ധീകരിച്ച അവന്റെ ആലയത്തെ അശുദ്ധമാക്കി അവരുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയ്ക്ക് തന്റെ ജനത്തോടും തന്റെ നിവാസത്തോടും സഹതാപം തോന്നിയിട്ട് അവൻ ജാഗ്രതയോടെ തന്റെ ദൂതന്മാരെ അവരുടെ അടുക്കൽ അയച്ചു അവരോ ദൈവത്തിന്റെ ദൂതന്മാരെ പരിഹസിച്ച് അവന്റെ വാക്കുകളെ നിരസിച്ച് ഉപശാന്തില്ലാതാകും വണ്ണം യഹോവയുടെ കോപം തന്റെ ജനത്തിന് നേരെ ഉജ്ജലിക്കുവോളം അവന്റെ പ്രവാചകന്മാരെ നിന്ദിച്ചുകളഞ്ഞു അതുകൊണ്ട് അവൻ കൽദയരുടെ രാജാവിനെ അവരുടെ നേരെ വരുത്തി അവനവരുടെ യൌവനക്കാരെ അവരുടെ വിശുദ്ധ മന്ദിരമായ ആലയത്തിൽ വച്ച് വാൾ കൊണ്ട് അവൻ യൗവനക്കാരനെയോ കന്യകയോ വൃദ്ധനെയോ കിഴവനെയോ ആദരിക്കാതെ അവരെയൊക്കെയും അവന്റെ കയ്യിൽ ഏൽപ്പിച്ചുകൊടുത്തു ദൈവാലയത്തിലെ ചെറിയതും വലിയതുമായ ഉപകരണങ്ങളൊക്കെയും യഹോവയുടെ ആലയത്തിലെ ഭണ്ണാരവും രാജാവിന്റെയും അവന്റെ പ്രഭുക്കന്മാരുടെയും ഭണ്ണാരങ്ങളുമെല്ലാം അവൻ ബാബേലിലേക്ക് കൊണ്ടുപോയി അവർ ദൈവാലയം ചുട്ടു യെരുശലേമിന്റെ മതിൽ ഇടിച്ചു അതിലെ അരമനകളെല്ലാം തീക്കി അതിലേ മനോഹര സാധനങ്ങളൊക്കെയും നശിപ്പിച്ചു കളഞ്ഞു വാളിനാൽ വീഴാതെ ശേഷിച്ചവരെ അവൻ ബാബേലിലേക്ക് കൊണ്ടുപോയി പാർസി രാജ്യത്തിന് ആധിപത്യം സിദ്ധിക്കും വരെ അവർ അവിടെ അവനും അവന്റെ പുത്രന്മാർക്കും അടിമകളായിരുന്നു ഇരമ്യ മുഖാന്തരം ഉണ്ടായ വചനം നിവർത്തിയാകേണ്ടതിന് ദേശം അതിന്റെ ശവത്തുകളെ അനുഭവിച്ച് കഴിയുവോളം തന്നെ എഴുപത് സംവത്സരം തികയുവോളം അത് ശൂന്യമായി കിടന്ന കാലമൊക്കെയും ശപത്ത് അനുഭവിച്ചു എന്നാൽ ഇരമ്യാ മുഖാന്തരമുണ്ടായ യഹോവയുടെ വചനം നിവർത്തിയാകേണ്ടതിന് പാഴ്സി രാജാവായ കോരശിന്റെ ഒന്നാമാണ്ടിൽ യഹോവ പാഴ്സി രാജാവായ കോരശിന്റെ മനസ്സ് ഉണർത്തി അവൻ തന്റെ രാജ്യത്തെല്ലാടവും ഒരു വിളംബരം പ്രസിദ്ധമാക്കി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 ഇരിക്കട്ടെ അവൻ യാത്ര പുറപ്പെടട്ടെ